വിവേകാനന്ദ സ്വാമികളോട് ഒരു യൂറോപ്യൻ ചോദിച്ചു നിങ്ങളുടെ ഭാരതത്തിലുള്ളവർ അത്രയധികം സംസ്കാരമുള്ളവരാണെങ്കിൽ അവരെന്തുകൊണ്ട് ലോകം വെട്ടിപ്പിടിച്ചില്ല എന്ന് ചോദിച്ചു വിവേകാനന്ദ സ്വാമികൾ അതിന് ഉത്തരം പറഞ്ഞത് പ്രാകൃതന്മാര് മാത്രമേ വെട്ടിപ്പിടിക്കാറുള്ളൂ എന്നാണ് ഓൺലി ബാർബേറിയൻസ് കോൺകർ അതേഴ്സ് ഓൺലി സാവേജസ് അറ്റാക്ക് അതേസ് പ്രാകൃതന്മാരായിട്ടുള്ളവരാണ് വെട്ടിപ്പിടിക്കുന്നതും ഭരിക്കുന്നതും പിടിച്ചു ചോട്ടൽ നിർത്തുന്നതും ആജ്ഞാപിക്കുന്നതും നമുക്ക് തന്നെ കാണാം എത്ര കണ്ട് മനുഷ്യൻ സംസ്കൃതനാവുന്നു അത്ര കണ്ട് അയാൾക്ക് ആജ്ഞാപിക്കാനും മറ്റുള്ളവരെ ഭരിക്കാനും മറ്റുള്ളവരെ പിടിച്ചു നിർത്താനും സംഘടിപ്പിക്കാനുമുള്ള സ്വഭാവം വ്യക്തികൾ സംസ്കൃതമാവുമ്പോൾ തന്നെ കുറയുന്നത് കാണാം അങ്ങനെ ഇരിക്കുമ്പോൾ ഭരിക്കുന്നവനും വെട്ടിപ്പിടിക്കുന്നവനും എത്ര കണ്ട് അപ്രാ എത്ര പ്രാകൃതനായിരിക്കും എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ ഈ പ്രാകൃതമായിട്ടുള്ള ഒരു സർക്കിളിൻ്റെ ഉള്ളിൽ നിന്നും ഒരു മനുഷ്യൻ സത്യത്തിനെ കാണുമ്പോൾ പുറത്ത് ചാടിയേ ഈ പ്രാകൃതമായ സർക്കിളിനെ മൂന്നായിട്ട് തിരിച്ചു ഋഷികൾ ലോകവാസന ലോക് ശാസ്ത്രവാസന ദേഹവാസന ഈ മൂന്നെണ്ണവും കൂടിയാൽ സമൂഹമാക്കി ഇത് മൂന്നിൽ നിന്നും ഒരാൾ എപ്പോ പുറത്തു ചാടുന്നു എപ്പോ സത്യം കണ്ടെത്തിയാൽ നാച്ചുറലി യു വിൽ ബി ഔട്ട് അപ്പോഴാണ് നമുക്കൊരു ഭയം ഭയം പിടിപെടുന്നത് പുറത്തു നമ്മൾ എങ്ങനെ ജീവിക്കും അപ്പോഴാണ് നമ്മൾ സ്വതന്ത്രരാവാ ഈ സർക്കിളിന്റെ ഉള്ള ഉള്ളിലുള്ള ആള് എപ്പോഴും ഭയത്തോടു കൂടിയുള്ളവനാണ് അതാണ് ഭാഗവതത്തിൽ ചോദിക്കുന്നത് വിശ്വത്തോ ഭയത് എങ്ങനെ തിരിഞ്ഞാലും ഭയുണ്ട് ഈ ഭയത്തിൽ എങ്ങനെ രക്ഷപ്പെടും എന്തൊക്കെ നേടിയെടുത്താലും ഭയുണ്ട് ക്ഷേത്രത്തിന്റെ ഉള്ളിൽ ക്ഷേത്രത്തിന്റെ സ്വഭാവം തന്നെ ഭയമാണ് ക്ഷേത്രം എന്ന് വെച്ചാൽ അമ്പലമല്ല കഴിഞ്ഞ അധ്യായത്തിൽ പറഞ്ഞ ക്ഷേത്രം അതായത് ശരീരം ശരീരത്തിൽ ശരീരത്തിൻ്റെ വളരെ ബാഹ്യരൂപമായ സമൂഹത്തിലിരിക്കുന്നിടത്തോളം ഭയുണ്ട് ഭയം പല വിധത്തിലും ഉണ്ട് എന്തൊക്കെ തന്നെ നേടിയെടുത്താൽ നമ്മളുടെ സകല പരിശ്രമവും ഈ ആന്തരികമായ എന്തോ ഒരു പേടിയെ മാറ്റാൻ വേണ്ടിയിട്ടാണ് സമ്പാദിച്ചു കൂട്ടുന്നതും വീട് സമൂഹത്തിൽ ചേർന്നിരിക്കുന്നതൊക്കെ പോലും എന്തോ ഒരു ഭയം കൊണ്ടാ എന്തൊക്കെ തന്നെ നേടിയെടുത്താലും നമ്മൾ അവസാനം കാണുന്നു ഈ ഭയം നമ്മൾ വിട്ടുപോകുന്നില്ല വലിയ വലിയ ആളുകളെ കണ്ടു വളരെ പ്രസിദ്ധരായിട്ടുള്ള ആളുകളെ കണ്ടു ഭയം പോകുന്നില്ല ഈയിടെ ലോകപ്രസിദ്ധനായ ഒരാളെ കണ്ടു ഞാൻ സമാധാനമല്ല അയാൾക്ക് കിട്ടിയിട്ടുള്ള അംഗീകാരങ്ങളിൽ അയാൾ സംതൃപ്തനല്ല ഇപ്പൊ ഇരിക്കുന്ന ഒരു മുന്നൂറ് പേർക്കോ പകരം ഇവിടെ ഒരു മൂന്ന് ലക്ഷം പേര് ഇരുന്നാലും അതുകൊണ്ട് എനിക്ക് സംതൃപ്തി ഉണ്ടാവില്ല പേര് പ്രസിദ്ധി ആവശ്യത്തിൽ അധികമുള്ള വസ്തുക്കൾ ധനം എന്തിനു പറയുന്നു ആരോഗ്യം പോലും ഒരാൾക്ക് പൂർണമായും സംതൃപ്തിയോ ആനന്ദമോ സംരക്ഷണമോ ഒന്നും കൊടുക്കില്ല ഇതിനെ ഒക്കെ കൂടെ ചേർത്തി ഭഗവാൻ ക്ഷേത്രം എന്ന് ഒറ്റ പേര് വെച്ചു ഇതിന് തന്നെ അപരാപ്രകൃതി എന്നും ഏഴാമത്തെ അധ്യായത്തിൽ വിളിച്ചു ഇതിന് ഉപനിഷത്ത് വിനാശം എന്ന് തന്നെ വിളിച്ചു കാരണം എന്ത് നേടിയെടുത്താലും ഈ നേടിയെടുക്കുന്ന ആൾക്ക് തന്നെ അറിയാം ഇത് പോകുമെന്ന് അതുകൊണ്ട് തന്നെ ഭയേണ്ട അവരെയും ഇവരെയും വെട്ടുകയും കുത്തുകയും പിടിച്ചടക്കുകയും കള്ള കള്ളത്തരം ഒരുപാട് ചെയ്യുകയും പറ്റിക്കുകയും ഒക്കെ ചെയ്തിട്ട് ഒരു അഞ്ചു വർഷത്തിന് വേണ്ടി ഒരു കസേരയിൽ കയറിയിരിക്കുന്ന ആദ്യ ദിവസം മുതൽ ഇയാൾക്ക് ഭയമുണ്ട് ഈ അഞ്ചാമത്തെ വർഷത്തിന് ഏത് സ്ഥിതിയിലും ഏത് എവിടെ ഇരിക്കുന്ന ആൾക്കും ഭയമുണ്ട് അയാൾ എത്ര ആരാധിക്കപ്പെടുന്ന ആളാണെങ്കിലും ആ ആരാധിക്കപ്പെടുന്നതൊക്കെ നഷ്ടമാവും ആരാധിക്കപ്പെടുന്നത് കൊണ്ട് അയാൾക്ക് വ്യാധി വരാതിരിക്കില്ല ആരാധിക്കപ്പെടുന്നത് കൊണ്ട് അയാൾക്ക് വാർദ്ധക്യം വരാതിരിക്കില്ല ആരാധ്യപ്പെ ആരാധിക്കപ്പെടുന്നത് കൊണ്ട് അയാൾക്ക് മരണം വരാതിരിക്കില്ല അയാളുടെ കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കില്ല അയാളുടെ മനസ്സ് ശാന്തമായിട്ടിരിക്കില്ല അതുകൊണ്ട് പുറമേക്ക് നമ്മൾ എന്ന് വെച്ചാലോ ലോകം മുഴുവൻ ഇതിനു പുറകാണ് കുറെ പ്രസിദ്ധി ഉണ്ടാവണം അല്ലെങ്കിൽ പണം ഉണ്ടാവണം ഇനിയിപ്പൊ ആരോഗ്യം നേടിയെടുത്താൽ നല്ല ആരോഗ്യമായിട്ടിരിക്കുന്നു മനസ്സിന് ശാന്തി ഇല്ല മാത്രല്ല ആരോഗ്യം നഷ്ടപ്പെട്ടു പോകൂ എന്നുള്ള ഭയം ആരോഗ്യമുള്ള എല്ലാവർക്കും ഉണ്ട് നല്ല ആരോഗ്യമായിട്ടിരിക്കുകയാണ് ആസ്പത്രിയുടെ അടുത്തൊരു ഫ്ലാറ്റ് എടുത്തു വെക്കുക അയാളെ വേണ്ടിവരും ഇപ്പോഴേ തീരുമാനിച്ചു നോക്കണം ഇതിലൊക്കെ ഭയണ്ട് ഇതൊക്കെ ഭയത്തിന്റെ ബീജം എവിടെയൊക്കെ കിടക്കണു ഇതിനെവിടെങ്കിലുമൊക്കെ ശിഥിലമാക്കാൻ പറ്റുമോ ഈ ഭയത്തിന്റെ ബീജത്തിന് നീക്കാൻ പറ്റുമോ സമ്പൂർണമായ സ്വാതന്ത്ര്യം സാധ്യമാണോ ഈ ഫീൽഡിന്റെ ഉള്ളിൽ നിന്ന് പുറത്തു ചാടാൻ പറ്റുവോ അഥവാ ഇങ്ങനെ ജീവിച്ച് വിഷമിച്ച് ചത്തുപോകുകയേ നിവൃത്തിയുള്ളൂ പൂന്താനം വരണ പോലെ ചത്തുപോകുന്നു പാപം ശിവശിവ പലതും ഇങ്ങനെ ചിന്തിച്ചിരിക്കവേ ചത്തുപോകുന്നു പാപം ശിവശിവ ഇങ്ങനെ പലതും ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോ ചത്തും ഇങ്ങനെ വാസ്തവത്തിൽ വിവേകമുള്ള ഒരാൾക്ക് ഈ വിചാരമൊക്കെ വന്നു പെടും വിവേകമില്ലാത്ത ആളുകൾക്കും ഞാൻ സമൂഹത്തില് കുറേ സഞ്ചരിച്ച് നോക്കി പല ആളുകളെയും കണ്ടു പലരും സ്ഥൂൽ വളരെയധികം നിശ്ചയിച്ച് ഇതിനെ ചിന്തിക്കണില്ലെങ്കിൽ പോലും ഗൂഢമായി ഈ ചിന്ത ഉള്ളിൽ കിടന്ന ആളുകൾ വിഷമിപ്പിക്കുന്നുണ്ട് ഞാൻ ഇവിടെ ഇരുന്ന് പറയണു അത്രയേ ഉള്ളൂ നിങ്ങളുടെ റിഫ്ലക്ഷൻ മാത്രമാണത് എല്ലാവരുടെ ഉള്ളിലും ഈ ചിന്ത ഗൂഢമായിട്ട് എവിടെയോ കിടപ്പുണ്ട് വളരെ വളരെ ഉയർന്ന തലത്തിൽ ഇരിക്കുന്ന ആളുകൾ സമൂഹത്തിൽ ഏറ്റവും ഉയർന്ന തലത്തിൽ ഇരിക്കുന്ന ആളുകൾ പല ആളുകളും എനിക്ക് തന്നെ സംബന്ധമുള്ള ചില ആളുകൾ അവർ വളരെ ഉയർന്ന തലത്തിൽ ഇരിക്കുന്ന ആളുകളാണ് എന്നുവെച്ചാൽ ഓൾമോസ്റ്റ് എന്താ ഒരു മനുഷ്യന് എത്തിപ്പെടാവുന്നതിൽ ഏറ്റവും ഉയർന്ന പൊസിഷനിലൊക്കെ ഇരിക്കുന്ന ആളുകളാണ് അവർക്ക് ഈ ഭയുണ്ട് കാരണം എന്താ ഈ ഭയം ഭിക്ഷക്കാരനും ഒക്കെ സമമാണ് തിരുവണ്ണാമലയിൽ ഒരു ദിവസം മല ചുറ്റാൻ പോകുമ്പോ കൊറേ ഭിക്ഷ ഭിക്ഷക്കാര് റോട്ടിൽ ഇരുന്ന് ശണ്ട കൂടുകാടും അപ്പോ ഒരു സന്യാസി എന്റെ കൂടെ ഇങ്ങനെ വരണ്ട് അദ്ദേഹം ഒരു സിദ്ധനെ പോലെ നടക്കുന്ന ഒരു ആള് അദ്ദേഹങ്ങനെ ഒരു റിമാർക്ക് പാസ്സാക്കി എന്താ പാസ്സാക്കിയെന്നുവച്ചാൽ പണക്കാരൻ ചണ്ടെ അവൻ വീട്ടില് പിച്ചക്കാരൻ ചണ്ടെ തെരുവില് നിറയെ പണമുണ്ടെങ്കിൽ അവൻ വീട്ടിന്റെ മുറിയിൽ ഇരുന്ന് ചണ്ട കൂടും പണമില്ലാത്തവനാണെങ്കിൽ തെരുവിൽ കാരണം ഈ രണ്ടുപേരുടെയും പ്രശ്നം അകത്താണ് മനസ്സിൽ അജ്ഞാനം ഉള്ളത്തോളം കാലം ശരിയായ സത്യത്തിനെ കണ്ടെത്താത്തവൻ ഭിക്ഷക്കാരനാണെങ്കിലും ദുഃഖിക്കും പണക്കാരനാണെങ്കിലും ദുഃഖിക്കും പ്രാചീനനാണെങ്കിലും ദുഃഖിക്കും അർവാചീനാണെങ്കിലും ദുഃഖിക്കും കാലം കൊണ്ടോ ദേശം കൊണ്ടോ രാജ്യം കൊണ്ടോ ജാതി കൊണ്ടോ വർണ്ണം കൊണ്ടോ ആശ്രമം കൊണ്ടോ അജ്ഞാനത്തിന് ഒരു വ്യത്യാസവും ഇല്ല പഴയകാലത്തിലും ആളുകൾക്ക് ദുഃഖമുണ്ട് ഈ കാലത്തിലുമുണ്ട് ഇനി വരാൻ പോകുന്ന കാലങ്ങളിലുണ്ടാവും പഴയ കാലത്തിലും അപൂർവം ചിലര് സത്യം കണ്ടെത്തി പുറത്ത് ചാടിയിട്ടുണ്ട് നമുക്കും വേണമെങ്കിൽ സാധിക്കും ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ ചാടും അത് ചാടാൻ സാധിക്കും അതെന്തുകൊണ്ട് സാധിക്കുമെന്ന് ഇത്ര ഉറപ്പായിട്ട് പറയുന്നെന്ന് വെച്ചാൽ ഇത്തിരി കടന്നു പറഞ്ഞാൽ ഋഷികൾ പറയണത് നിങ്ങൾ ചാടിക്കഴിഞ്ഞു പക്ഷെ ചാടിക്കഴിഞ്ഞു എന്ന് അറിഞ്ഞിട്ടില്ല യാത്രയേ ഉള്ളൂ വേണം അതാണ് അതിലും തമാശ അത് അതിലും തമാശ കാര്യമാണ് ചാടിക്കഴിഞ്ഞു പുറത്ത് പുറത്താണ് നിൽക്കുന്നത് പക്ഷേ ഭ്രമം അതിനാണ് ഭ്രമം എന്ന് പറയുന്നത് ഈ ഭ്രമം ആശ്ചര്യമാണിത് അതൊരു കളിയാണ് മഹാമഹയുടെ കളിയാണ് നമ്മളിത്തിരി കളിപ്പിക്കുകയാണ് ആ കളിയിൽ നിന്നും പുറത്തു വന്നാൽ അപ്പൊ കളി രസമാവും കളിയുടെ ഉള്ളിലിരിക്കുന്നിടത്തോളം കളി രസമല്ല കളിയിൽ നിന്നും പുറത്ത് ചാടിയവനാണ് കളി രസമാവുന്നത് ലോകവത്വ ലീലാ കൈവല്യം എന്ന് വ്യാസഭഗവാൻ അവസാന വാക്കായിട്ട് പറഞ്ഞു ലോകമെന്നുള്ളത് ഭഗവാന്റെ ഒരു ലീലയാണെന്നാണ് ദിവ്യലീലയാണ് അത് ആർക്ക് സത്യമറിഞ്ഞവനും സത്യമറിഞ്ഞവൻ ഇത് ആനന്ദത്തിരു കൂത്താണ് സത്യമറിഞ്ഞവൻ ഇവിടെ എല്ലാം ആനന്ദമാണ് സത്യമറിഞ്ഞവൻ മുക്തനാണ് അവന് ബന്ധമില്ല അവന് മരണമില്ല അവന് ജനനമില്ല മരണഭയം അവന് വിട്ടുപോകുന്നു ഇനി ജനിക്കുമെന്നുള്ള ഭയവുമല്ലേ ആ വ്യാധിയെക്കുറിച്ചുള്ള ഭയമല്ലേ ശരീരം തന്നെ തനിക്കില്ല എന്നാണ് അവനെ ഇരിക്കണത് ഒന്ന് ആലോചിച്ച് നോക്കും അങ്ങനൊരു സ്ഥിതി ഇതാണ് ഇങ്ങനെയൊക്കെ പറയേണ്ട ഒരു സ്ഥിതിയിലാണ് ഞാൻ ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെ എനിക്കിപ്പോ പറയാനുള്ള താല്പര്യം കുറഞ്ഞു പോയിരിക്കണം ഇതൊക്കെ തന്നെ ഒരു പ്രസംഗമല്ല വളരെ കാലമായി ഞാനും ഇതിനു വേണ്ടി ശ്രമിക്കുകയും ചിന്തിച്ചു നോക്കുകയും വിചാരം ചെയ്തു നോക്കുകയും പല കർമ്മങ്ങളിലൂടെയും സാധനകളിലൂടെയും ഒക്കെ ആദ്യം കുറെ പരിശ്രമിച്ചു നോക്കുകയും പരാജയപ്പെടുകയും അവസാനം ഭഗവത് കൃപ ഈ സത്യത്തിന് തെളിച്ചു തരുകയും ചെയ്ത് സുവ്യക്തമായി അതെനിക്ക് പ്രയോജനപ്പെട്ടതുകൊണ്ട് മാത്രമാണ് എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറയണത് അപ്പൊ അതല്ലാതെ വരൊന്നും പറയാൻ എനിക്കൊട്ട് പറ്റൂല പക്ഷെ ഇത് പറഞ്ഞാൽ ഗ്രഹിക്കണമെങ്കിൽ ആദ്യം നിങ്ങൾ ഇത്തിരി ഭയപ്പെടണം ഭയപ്പെട്ടിട്ട് ഭയത്തുനിന്ന് പുറത്തു ചാടണം ആദ്യം ഭയപ്പെടണം ആദ്യം ഭയം വരികയും പിന്നെ പുറത്തു ചാടുകയും വേണം വീട് തീ പിടിച്ചു എന്ന് അറിയണം എന്നാലേ തീ പിടിച്ച് വീട്ടിൽ നിന്ന് പുറത്തു ചാടുകയുള്ളൂ ആദ്യം ഇവിടെ മുഴുവൻ വിഷമുണ്ട് ക്ഷേത്രത്തിൽ ദുഃഖമുണ്ടെന്ന് അറിയണം എന്നാലേ ക്ഷേത്രത്തിന് പുറത്ത് ചാടാൻ വഴിയുണ്ടോ എന്ന് ചോദിക്കുക തന്നെ ചെയ്യുള്ളൂ അല്ലെങ്കിൽ നമ്മള് ജയിലിന്റെ ഉള്ളിൽ ഇരുന്നു കൊണ്ട് ജയിലിന്റെ ഉള്ളില് കമ്പിക്ക് പെയിന്റ് അടിക്കുകയും ജയിലില് നിലം തുടച്ച് വൃത്തിയാക്കുകയും ജയിലിൽ അത്യാവശ്യം ചുമരന് ചുണ്ടാമ്പടിക്കുകയോ ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇരിക്കണത് ജയിലാണ് ആ വട്ടത്തിന്റെ ഉള്ളിലേ ഉള്ളൂ അതാണ് രാമകൃഷ്ണദേവനോട് ഒരാൾ ചോദിച്ചു മനുഷ്യന് സ്വാതന്ത്ര്യമില്ലേന്ന് ചോദിച്ചു രാമകൃഷ്ണദേവൻ അദ്ദേഹത്തിന്റെ ശൈലിയിൽ വളരെ സുന്ദരമായിട്ട് പറഞ്ഞു കെട്ടിയിട്ട പശുവിന്റെ അത്രയും സ്വാതന്ത്ര്യം ഉണ്ട് ആ കയറിന് എത്ര നീളം ഉണ്ടോ അത്രയും നീളത്തില് വട്ടത്തില് വട്ടത്തില് പോവാം അത്രയും പറ്റുള്ളൂ നമ്മളൊക്കെ ചെയ്യുന്നുണ്ട് എന്തൊക്കെയോ ചെയ്യുന്നു പക്ഷെ എവിടെയും നമ്മൾ അന്വേഷിക്ക് എന്തോ ഒന്ന് പിന്നെയും പിന്നെയും പിന്നെയും പിന്നെയും ഉള്ളില് ദാഹ ഉള്ളില് മാറാത്ത ഒരു വിശപ്പ് ഈ ജീവാത്മാവിന്റെ വിശപ്പ് കൊണ്ടാണ് ഈ ജീവൻ എത്രയോ ജന്മങ്ങൾ യാത്ര ചെയ്ത് ഇവിടെ വരെ വന്നിരിക്കുന്നത് ആ വിശപ്പ് പണം തിന്നിട്ട് തീരണില്ല പേരും പെരുമയും തിന്നിട്ട് തീരണില്ല ആരോഗ്യമായിട്ട് ഇരുന്നിട്ടും തീരുന്നില്ല ബന്ധുക്കളും കുടുംബമൊക്കെ ഉണ്ടായിട്ടും തീരണില്ല സംഗീതം കലാ നൃത്തം പലവിധ ഉപാധികൾ കൊണ്ടും തീരുന്നില്ല ബാഹ്യമായി പഠിച്ച് പഠിച്ച് പഠിച്ച് പണ്ഡിതനായിട്ടും തീരുന്നില്ല അവസാനം പാണ്ഡിത്യം നിർവിദ്യ ബാല്യന തിഷ്ഠാസേത് ഉപനിഷത്ത് പറഞ്ഞു പാണ്ഡിത്യൊക്കെ വലിച്ചു കുട്ടികളെ പോലെ ആവണോ അത്രേപറ ബാല്യം ചഹിത്വ മൗനം മൗനം അമൗനം ചഹിത്വ മൗനത്തിനെയും അമൗനത്തിനെയും ഒക്കെ വിട്ട് എപ്പോ ശാശ്വതവും നിത്യവുമായ സത്യത്തിനെ തന്നിൽ തന്നെ ഇരിക്കുന്നതായിട്ട് എവിടെങ്കിലും അമ്പലത്തിലോ കൈലാസത്തിലോ ഹരിദ്വാരത്തിലോ ഋഷികേശത്തിലോ കാശിയിലോ ഏതെങ്കിലും തീർത്ഥ അല്ലെങ്കിൽ ഏതെങ്കിലും പുതിയ ആശ്രമത്തിലോ സന്യാസാശ്രമത്തിലോ പാനപ്രസ്ഥത്തിലോ അല്ലെങ്കിൽ സ്ഥലം മാറുന്നത് എന്തെങ്കിലും പുതിയ ടെക്നിക്ക് കൊണ്ടോ കണ്ടെത്താനല്ല ഇഹ ചേത് അവേദസ അവേദീൻ മഹതി വിനഷ്ട ധീരാസ്മാത് ലോകാ അമൃത ചേദീദ സത്യമസ്തി ഇവിടെ തന്നെ ഇപ്പൊ തന്നെ ശരീരത്തിലും മനസ്സിലും ഇരിക്കുമ്പോ തന്നെ ഹൃദയത്തിൽ ആ സത്യം ഇരിക്കുന്നതായിട്ട് കാണുകയാണെങ്കിൽ തമാത്മസ്ഥം യേ അനുപശ്യ ധീരാ ാന്തി നേതരേഷം ആ പരമാ പരമസത്യത്തിന് പരമാർത്ഥത്തിന് തന്നിൽ തന്നെ ഇരിക്കുന്നതായിട്ടും തന്റെ തന്നെ സ്വരൂപമായിട്ടും എപ്പോ കാണുന്നുവോ ആ കാണുന്നവന് ശാന്തിയുണ്ട് അങ്ങനെ അല്ലാതെ കാണുന്നവന് അത് പുറത്ത് എവിടെയെങ്കിലുമൊക്കെ ഇരിക്കുന്നതായിട്ട് വരികയും പോവുകയും ചെയ്യും അത് ഭാഗവതത്തിലോ ഭഗവത്ഗീതയിലോ സത്സംഗത്തിലോ ആണെങ്കിൽ പോലും വരികയും പോവുകയും ചെയ്യും അപ്പൊ അങ്ങനെയൊന്നും അല്ലാതെ അത് ഒരിക്കലും നഷ്ടപ്പെടാത്തതായിട്ടും എനിക്കിനി നഷ്ടപ്പെടാൻ സാധിക്കില്ല എന്നുള്ള മട്ടിലും ആ വസ്തു നമുക്ക് സിദ്ധനായാൽ മുക്തനായിട്ട് തീരും ആനന്ദമുണ്ടാവും ശാന്തി ഉണ്ടാവും മരണഭയം നീങ്ങിക്കിട്ടും അതിനുള്ള ശാസ്ത്രമാണ് ഗീത ഇത്രയൊക്കെ കേൾക്കുമ്പോ തന്നെ നമുക്ക് ചിലപ്പോ തോന്നും ഔഹ് ഇത്രയൊന്നും ഞങ്ങളിപ്പഗ്രഹിച്ചില്ല ഇത്രയൊന്നും ഇപ്പൊ ഞങ്ങൾക്ക് വേണ്ട ഞങ്ങൾക്ക് അത്യാവശ്യം കുടുംബത്തിലുള്ള കാര്യങ്ങളൊക്കെ നടന്നു പോയാ ഉപായത്തിൽ ഇങ്ങനെ ജീവിച്ചു പോയാ ഇതാണ് പലരുടെ ഉദ്ദേശം കാരണം നമ്മള് അത്രയൊന്നും വലുതായിട്ടൊന്നും ലക്ഷ്യം വെച്ചിട്ടുമില്ല എന്തോ ഇങ്ങനെ ജീവിക്കണു പോണു സത്സംഗം അധ്യാത്മം എന്നൊക്കെ പറഞ്ഞാൽ തന്നെ നമ്മളുടെ ഈ ഒരു മൊടന്ത് വെച്ചുകൊണ്ടുള്ള നടത്തത്തിന് ഒരു ഊന്നുകോല് കിട്ടുമോ എന്ന് നോക്കണുള്ളൂ മൊടന്താണിപ്പോ ഒരു ഊന്നുകോല് എവിടെങ്കിലും ആരെങ്കിലുമൊക്കെ തരികയാണെങ്കിൽ അതും പിടിച്ചുകൊണ്ട് നടക്കാം അതിനിപ്പോൾ ഭാഗവതമോ ഉപനിഷത്തോ ഒക്കെ പറയുകയാണെങ്കിൽ നിങ്ങൾ പേടിക്കണ്ട നിങ്ങൾക്ക് ഭയപ്പെടണ്ട കൂടെ ഭഗവാൻ ഉണ്ട് അതും ഇപ്പൊ ഭഗവാൻ ഒന്നും വേണ്ട ആളുകൾ ഇപ്പൊ ഞാൻ തന്നെ ഇവിടെ ഇപ്പോ ഒരു അവതാര പുരുഷനോ യോഗിയോ ആയിട്ടിരുന്ന് നിങ്ങളുടെ കൂടെ ഞാനുണ്ട് എന്ന് പറഞ്ഞാൽ സ്ഥൂലമായ ഒരാളെ കിട്ടിയാൽ നമുക്ക് തൽക്കാലത്തേക്ക് എന്തോ കിട്ടി തോന്നലാണ് അതുകൊണ്ട് തന്നെയാണ് ഋഷികൾ അവരുടെ രൂപത്തിനെ മറച്ചു കളഞ്ഞത് ഉപനിഷത്തുകളിൽ അവരാരും ഏതു ഏത് ഋഷിയാണോ ഏതു ഉപനിഷത്തിന്റെ ദ്രഷ്ടാവെന്നൊന്നും അറിയില്ല അവരാരും അവരുടെ പേരൊന്നും എഴുതി വെച്ചില്ലേ അവിടെ സത്യത്തിനെ നമ്മളുടെ മുമ്പിൽ കാണിച്ചു ഈ സത്യം നിങ്ങൾ അറിയുകയാണെങ്കിൽ നിങ്ങൾ സ്വതന്ത്രരാകും ഞങ്ങൾ കണ്ടെത്തി ഞങ്ങൾക്ക് പ്രയോജനപ്പെട്ടു നിങ്ങൾ കണ്ടെത്തിയാൽ നിങ്ങൾക്കും പ്രയോജനപ്പെടും അവർ ഹിതകാരികൾ മാത്രമായിരുന്നു അവർക്ക് നിങ്ങളിൽ നിന്നോ എന്നിൽ നിന്നോ ഒന്നും നേടിയെടുക്കാനില്ല സർവേ ഭവന്തു സുഖിനാ സർവേ സന്തു നിരാമയ പരമഹിതൈഷികളായിരുന്നു അവരും അങ്ങനെയുള്ള ഹിതൈഷികളായ ഋഷികൾ നമുക്ക് തന്നിട്ടുള്ളതാണ് ഈ സനാതനധർമ്മം ആ സനാതനധർമ്മത്തിന്റെ ഏറ്റവും ഉന്നതമായ ശൃംഖമാണ് വേദാന്തം എന്ന് പറയണത് അറിവിന്റെ അന്തം അത് അതിന് അത് ഏറ്റവും സുലഭവുമാണ് ആചാര്യസ്വാമികൾ ഗീതാഭാഷ്യത്തിൽ പതിനെട്ടാമത്തെ അധ്യായത്തിൽ സുസമ്പാദ്യം എന്ന് ആണയിട്ട് പറയുകയാണ് അത് സുസമ്പാദ്യമാണെന്നാണ് വളരെ എളുപ്പത്തിൽ സമ്പാദിക്കാവുന്നതാണ് പ്രൊവൈഡഡ് എന്നൊക്കെ ഉണ്ട് ചിലതൊക്കെ ഉണ്ട് വളരെ എളുപ്പമാണ് പ്രൊവൈഡഡ് ാഹ്യാകാര निवृत्त ബുദ്ധീനാം സുസമ്പാദ്യം വിഷമം അവിടെയേ ഉള്ളൂ നമ്മൾ ചിലടത്തൊക്കെ ഒട്ടിപ്പിടിച്ചിട്ടുണ്ട് ആ ഒട്ടിപ്പിടിച്ചതൊക്കെ നീക്കാനാണ് ബുദ്ധിമുട്ട് വേണമെങ്കിൽ ശാന്തി കിട്ടും വേണമെങ്കിൽ ആനന്ദമുണ്ടാവും ഭഗവത് ഭഗവത് സാക്ഷാത്കാരം നേടാം അങ്ങനെ വാക്ക് തന്നെ വളരെ ദുർലഭാണല്ലേ ലോകത്തിലെ ഈശ്വര സാക്ഷാത്കാരം എന്ന് പറയുന്നത് മ്പലത്ത് പോയി തൊഴുതു വരണു അതും വേറെ പറയും ഈ സ്വാമിക്ക് നല്ല ഊറ്റ ഉണ്ടെന്നാണ് അവിടുത്തെ ഗണപതിയെക്കാളും ഇവിടുത്തെ ഗണപതിക്ക് ഊറ്റണ്ട് നമ്മളെ പോലെ വ്യക്തിയാണ് സ്വാമി അദ്ദേഹത്തിന് ശക്തിയുണ്ടെന്ന് എന്റെ വക ഒരു സർട്ടിഫിക്കറ്റാണ് അന്യോഹം അന്യോസൗ ദേവാനാം പശുരേവസ വേദം പറയണ ദേവന്മാര് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആളുകളെ കാലി കന്നുകാലികളായിട്ട് ഉപയോഗിക്കും അത്രയും അവിടെയുണ്ട് ദേവൻ ഇവിടെ ഉണ്ട് ദേവൻ ഈ ദേവന് ശക്തി ഉണ്ട് ആ ദേവന് ശക്തിയുണ്ട് എന്ന് പറഞ്ഞ് ആത്മാവായ ദേവനെ മറന്നുകളയെന്ന് പറയേ മനസ്സുകൊണ്ട് സങ്കല്പം കൊണ്ട് ജീവൻ കൊടുത്തുണ്ടാക്കിയ ദേവന്മാരൊക്കെ തന്നെ കന്നുകാലികളായിട്ട് ഉപയോഗിക്കും എന്നാണ് ശ്രുതി വേദം പറയണത് ബൃഹദാരണ്യ ഗോപനിഷത്ത് പറയണം അപ്പൊ കന്നുകാലികളാവണോ സ്വതന്ത്രമാവണം സ്വതന്ത്രമാവണമെന്നൊരു ജീവൻ തീരുമാനിക്കുകയാണെങ്കിൽ വളരെ ഒത്രേ കാര്യം വേണ്ടു സിൻസിയർ ആയിരിക്കണം സത്യത്തിനെ കണ്ടെത്തണമെന്നുള്ള തീവ്ര ജിജ്ഞാസ ഉണ്ടാവണം സത്യം എന്താണെന്നൊന്നും അറിയണ്ട നമ്മൾക്ക് യോഗ്യതയും വേണ്ട നമ്മൾ പഠിച്ച ആളായിരിക്കണമെന്നൊന്നുമില്ല ഒരു പഠിപ്പോ അറിവോ യാതൊന്നും വേണ്ട സത്യത്തിനെ നിങ്ങൾ വരിച്ചാൽ സത്യം നിങ്ങളെ വരിക്കും ഭഗവാനെ നിങ്ങൾ വരിച്ചാൽ ഭഗവാൻ നിങ്ങളെ വരിക്കും രുക്മിണി ദേവി ഭഗവാനെ പ്രാപിക്കണം എന്ന് തീരുമാനിച്ചു രുക്മിണിക്ക് കൃഷ്ണന്റെ അടുത്തേക്ക് പോവാൻ പറ്റുമോ രുഗ്മിയെയോ ശിശുപാലനെയോ ജരാസന്തനെയോ ജയിച്ചുകൊണ്ട് കൃഷ്ണനെ പോയി അങ്ങോട്ട് ചെന്ന് വരിക്കാൻ പറ്റില്ല വേണമെന്ന് വരിക്കുകയും കൃഷ്ണൻ ഇങ്ങോട്ട് വന്നു കൂട്ടിക്കൊണ്ടു പോവുകയും ചെയ്ത ആ ജീവൻ ഭഗവാനെ വരിക്കണതിന്റെ പ്രാമുഖ്യത്തിനെ കാണിക്കാനാണ് ഭാഗവതത്തിൽ നമ്മുടെ വീട്ടിലെ പെൺകുട്ടിക്ക് കല്യാണം കഴിയാനായിട്ടല്ല രുക്മിണി കല്യാണം ഭാഗവതത്തിൽ കല്യാണം ഒക്കെ കഴിയിട്ട് ഇതൊക്കെ നല്ലതാണോ വേണ്ടതാണ് പക്ഷെ അതിനുവേണ്ടിയല്ല ജീവൻ ഭഗവാനെ വരിച്ചാൽ ജീവൻ ഈ സ്വാതന്ത്ര്യത്തിനെ വരിച്ചാൽ ആത്മസാക്ഷാത്കാരത്തിനെ ഭരിച്ചാൽ ജീവന് സ്വാതന്ത്ര്യം വേണമെന്നുള്ള ആഗ്രഹം ജനിച്ചാൽ തന്നെ ആചാര്യസ്വാമികൾ പറയണു ആ ഭഗവാൻ സർവേശ്വരൻ തന്നെ പുറമേക്ക് ഏതെങ്കിലും രൂപത്തിൽ വന്ന് ഈ ജീവന് സത്യത്തിനെ ബോധിപ്പിച്ചു കൊടുക്കും അങ്ങനെ സത്യം അറിഞ്ഞതുകൊണ്ട് ഇപ്പൊ എന്ത് പ്രയോജനം വെച്ചാൽ ഈ അധ്യായത്തിൽ തന്നെ ഇനി പറയാൻ പോകുന്നു ജന്മ മൃത്യു ജരാ ദുഃഖൈ വിമുക്തോ അമൃതമുത്തെ ഞാൻ ഗീതയിലും കൂടെ അന്വേഷിച്ചു നോക്കി ഈ അധ്യായത്തിലാണ് ആ വാക്ക് മുഖ്യമായിട്ടും വരുന്നത് നമുക്ക് ആകെപാടുമുള്ള പ്രശ്നം ഇത്രയും മാത്രമാണ് ശരീരം നമ്മളുടെ വലിയൊരു പ്രശ്നമാണ് നല്ല യൗവനത്തിനും ആരോഗ്യത്തോടു കൂടി ഇരിക്കുമ്പോഴൊന്നും പ്രശ്നമല്ല കുറെ കഴിയുമ്പോൾ പതുക്കെ പതുക്കെ അതിന്റെ സ്വഭാവം മാറുമ്പോ നമ്മൾ പറഞ്ഞാൽ കേൾക്കാതാവുമ്പോ നമ്മളുടെ സകല ശാസ്ത്രങ്ങളും തോറ്റു തുന്നമ്പാടി നിൽക്കുന്ന ഒരു സാധനമാണ് ശരീരം എന്നിട്ട് ആളുകൾ പറയണത് ചുവര ഉണ്ടെങ്കിലല്ലേ ചിത്രം വരയ്ക്കാൻ പറ്റുള്ളൂ ശരീരം നല്ല പെണ്ണം നോക്കണം എന്ന് പറയണം അദ്ദേഹം പല സൂക്കടുമായിട്ടാണ് നടക്കണത് അദ്ദേഹത്തിനൊന്നും നോക്കിയിട്ടൊന്നും പിടിച്ചിട്ടൊന്നും കിട്ടില്ല ചില ആളുകളുടെ അനുഭവം പല ആളുകളുടെ അനുഭവം നോക്കിയാൽ അറിയാം വ്യാധി എങ്ങനെ വന്നു എന്നും അറിയില്ല ചിലപ്പോ എങ്ങനെ പോയി എന്നും അറിയില്ല ചിലപ്പോ വ്യാധി പോകുമ്പോ ചില ഡോക്ടർമാർക്കൊക്കെ നല്ല പേര് കിട്ടും അത്രേ ഉള്ളൂ എന്താന്ന് വെച്ചാൽ ആ സമയമാകുമ്പോ അവരടുത്ത് പോയി മരുന്ന് വാങ്ങി പോയി ഇതാണ് പരമാർത്ഥം അവസാനം നോക്കുമ്പോ രമണ ഭഗവാൻ ഒരു വാക്ക് പറഞ്ഞു ശരീരമേ ഒരു വ്യാധിയാണ് എന്ന് പറഞ്ഞു അതിനർത്ഥം പെസിമിസ്റ്റിക് സ്റ്റേറ്റ്മെന്റ് അല്ല ശരീരം എന്ന് പറയുന്നത് സങ്കല്പം തുപ്പിക്കഴിഞ്ഞതാണ് എന്നൊക്കെ പറഞ്ഞത് നിങ്ങക്ക് മനസ്സിലാവോ ഫ്യൂച്ചറിൽ ചിലപ്പോ സയൻസ് ഇതൊക്കെ പറയും അപ്പൊ എന്തെങ്കിലുമൊക്കെ നമ്മൾ പറഞ്ഞോണ്ടിരിക്കും എനർജിയെ സോൾഡാക്കാൻ പറ്റും എന്നൊക്കെ ഇപ്പൊ പറയണ്ടേ മൈൻഡ് എന്ന് പറയുന്നത് സൈക്കിക് എനർജിയാണ് അത് ആഗാമിയും സഞ്ചിതത്വവും കർമ്മത്തിന്റെ രൂപമാണ് മനസ്സും കാരണ ഒക്കെ പ്രാരബ്ധം എന്ന് പറയണത് സങ്കല്പം സ്ഥൂലമായതാണ് അതായത് തുപ്പി കഴിഞ്ഞതാണ് അർത്ഥം എന്നുവെച്ചാൽ ഇനിയൊന്നും ചെയ്യാൻ പറ്റില്ല ശരീരത്തിന്റെ മണ്ഡലത്തിൽ ഒരു മനുഷ്യനും സ്വതന്ത്രനല്ല കാരണം അത് നമ്മളിൽ നിന്നും പുറത്ത് ചാടിക്കഴിഞ്ഞു ഇറ്റ് ഈസ് ഓൾറെഡി അപ്പിയർഡ് ഇൻ നേച്ചർ ഇറ്റ് ഈസ് ഓൺലി എൻ അപ്പിയറൻസ് ൊക്കെ പറയുമ്പോ ഇത് എവിടേക്കൊക്കെയോ പോകണ്ട ഇപ്പൊ സി ഡിയും ശാസ്ത്രജ്ഞന്മാരുടെ കയ്യിലും പോണ്ട് അതുകൊണ്ട് ഇവിടുത്തെ ആളുകൾ മാത്രമല്ല ശ്രോതാക്കണമെന്നും എനിക്കറിയാം ഇതൊരു ഇതിനുമേതെ ഇനി ശാസ്ത്രമൊന്നും പുരോഗമിക്കൊന്നുമില്ല എന്ത് പുരോഗമ പുരോഗതി വേദം പറയണത് ഈ ജ്ഞാനത്തിനെ പ്രകാശിപ്പിച്ച പ്രകാശിപ്പിച്ച ശേഷമാണ് ഈ ഭൂമിയും മരങ്ങളും സമുദ്രവും പർവ്വതവും മറ്റ് ജന്തുക്കളും മനുഷ്യരും ഒക്കെ ഉണ്ടായത് എന്നാണ് എന്ന് വെച്ചാൽ ഇനിയും ഈ മനുഷ്യനുണ്ടായിട്ട് ഈ മനുഷ്യന് ഈ ജ്ഞാനം നേടിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അതവിടെ ഉണ്ട് ഇഫ് യു വോണ്ട് യു ക്യാൻ ഫൈൻഡ് ഇറ്റ് ഔട്ട് ആൻഡ് ഗെറ്റ് റിലീസ്ഡ് എന്റെ ജ്ഞാനം നിങ്ങളുടെ അനുഭവമായിട്ട് തീരുമ്പോഴേ നിങ്ങൾക്ക് മുക്തിക്ക് പ്രയോജനപ്പെടുകയുള്ളൂ ശരീരം ബാഹ്യമായി തുപ്പിക്കഴിഞ്ഞ സങ്കല്പമാണ് ഞാൻ വാക്കുദിനം ഉപയോഗിക്കുകയാണ് സങ്കല്പം പുറമേക്ക് തുപ്പിയതാണ് തടിക്കണം തടിക്കണം തടിക്കണമെന്ന് സങ്കല്പിച്ച് കുറെ കാലം സങ്കല്പിച്ചാൽ ആ സങ്കല്പം തുപ്പിക്കഴിയുമ്പോൾ ആൾ തടിക്കും ശ്രുതി പറയുന്നത് യത്ത് ക്രതുഹു യത് സങ്കല്പ തത് അഭിസംപദ്ധ്യതയും മെലിയണം മെലിയണം മെലിയണം രാവും പകലും സങ്കല്പിച്ചാൽ കുറെ കഴിയുമ്പോൾ ആ സങ്കല്പിക്കുന്നു തുപ്പി കഴിയുമ്പോൾ ഈ ജന്മത്തിലെ നിവൃത്തിയില്ലെങ്കിൽ തടിക്കാൻ വേണ്ടി ജനിക്കേണ്ടി വരും മെലിയാൻ വേണ്ടി ജനിക്കേണ്ടി വരും കറുത്ത ആൾ വെളുക്കണം വെളുക്കാൻ വേണ്ടി ജനിക്കേണ്ടി വരും പക്ഷെ ഈ ശരീരം ന ശുക്ലം നൃഷ്ണം ന രക്തം ന പീതം ന കുബ്ജം നീനം ന ഹ്രസ്വം ന ദീർഘം ന രൂപം തഥാ ജ്യോതിരാകാരകത്വ തദ്ദേകോ വശിഷ്ട ശിവ കേലോഹം ആചാര്യശങ്കരൻ ഗോവിന്ദഭഗവത്പാദരുടെ മുമ്പിൽ വെച്ച് പറഞ്ഞതാണ് എട്ടു വയസ്സ് കുട്ടിക്ക് ഉണ്ടായ വിവരം എൺപതും തൊണ്ണൂറും നൂറും വയസ്സാവുമ്പോഴും ആളുകൾ കൊണ്ടാവണില്ല ആ എട്ട് വയസ്സ് കുട്ടി പറഞ്ഞു കറുത്തതോ വെളുത്തതോ തടിച്ചതോ മെലിഞ്ഞതോ ഉയരം കുറഞ്ഞതോ ഉയരം കൂടിയതോ ആയിട്ടുള്ള ഈ രൂപം ഞാനല്ല ഈ ആകാരം ഞാനല്ല നരൂപം തഥാ ജ്യോതി ആകാരകത്വാത് തദ്ദേകോവശിഷ്ട ശിവ കേവലോഹം ഇതൊന്നും ഞാനല്ല എന്ന് തള്ളിക്കളയുമ്പോൾ ഈ ശരീരം ഇല്ലാതെ മനസ്സും ഇല്ലാതെ ദിവസം ഉറങ്ങുമ്പോൾ സുഷുപ്തി അവസ്ഥയിൽ സുഖമായി ഉറങ്ങുന്ന അവസ്ഥയിലും ഏതൊരു സത്തയുണ്ടോ അതാണ് എന്റെ സ്വരൂപം ശരീരത്തിന്റെ മണ്ഡലത്തിൽ നമ്മൾ സ്വതന്ത്രമല്ല മനസ്സിന്റെ മണ്ഡലത്തിൽ സ്വതന്ത്രമല്ല എന്നൊക്കെ പറഞ്ഞു കളിയുമ്പോൾ ആകെപ്പാട് നമുക്ക് അവസാനം തോന്നും നമ്മളൊരു തൃശംഖു സ്വർഗത്തിലാണ് നമുക്ക് സ്വാതന്ത്ര്യത്തിന് എവിടെ വഴി അവിടെയാണ് ഋഷികൾ അവരുടെ ചിന്താപദ്ധതിയും നമ്മളുടെ ആധുനികമായ ചിന്താരീതിയും ഒക്കെ വ്യത്യാസമാണ് ഋഷികൾ ഒറ്റ കാര്യത്തിലാണ് ഈ സത്യത്തിലേക്ക് വന്ന് നിന്നത് അവർ കണ്ടെത്തിയത് പ്രപഞ്ചം ബേസിക്കലി മെറ്റീരിയലിസ്റ്റിക് അല്ല അതിന്റെ മൂലം തന്നെ കാരുണ്യമാണ് അതിന്റെ മൂലം തന്നെ പ്രിയമാണ് അതിന്റെ മൂലം തന്നെ ശാന്തിയാണ് കരുണയിൽ നിന്നാണ് എല്ലാം ഉണ്ടാവുന്നത് ഒരു കുഞ്ഞു ജനിച്ചാൽ കുഞ്ഞിനോട് അമ്മയ്ക്ക് അച്ഛനും കരുണയുണ്ടാവുകയും ബന്ധുക്കൾക്ക് കരുണയുണ്ടാവുകയും അതിനുവേണ്ടി എന്തും ചെയ്യുകയും ചെയ്യുമ്പോ അത് അച്ഛന്റെയോ അമ്മയുടെയോ കരുണയല്ല പ്രകൃതിയുടെ സോഴ്സിൽ നിന്നുള്ള കരുണയ്ക്ക് അവരൊരു ചാനൽ ആവുക മാത്രമാണ് ചെയ്യുന്നത് ഗർഭത്തിൽ കിടക്കുന്ന ഒരു ശിശുവിന് വേണ്ട സകല ഏർപ്പാടും വെച്ച പ്രകൃതി കരുണയെ സ്വരൂപമായിട്ടുള്ളതാണ് അപ്പൊ ആ കാരുണ്യം എന്നെ രക്ഷിക്കാനും എപ്പോഴും ഉണ്ടാവണം അങ്ങനെയാണെങ്കിൽ എനിക്ക് സമ്പൂർണമായി സ്വതന്ത്രനാവാനും ദുഃഖങ്ങളിൽ നിന്ന് വിമുക്തനാവാനും വേണ്ട വഴിയും ഇപ്പൊ തന്നെ ഇവിടെ തന്നെ ഉണ്ടാവണം സുലഭമായിരിക്കുകയും വേണം ഞാൻ മെനക്കെട്ട് കണ്ടുപിടിക്കേണ്ട ഒരു സാധനം ആയിരിക്കരുത് അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവണം എന്ന് അവർ തീരുമാനിച്ചു ചിലപ്പോ സത്യം വളരെ സിമ്പിളായിരിക്കും സൊല്യൂഷനെ